സത്യവിശ്വാസികളെ അള്ളാഹുസുബഹാനഹുവത്ത് ആല മാർഗ്ഗത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിക്കുക നിങ്ങൾക്ക് സലാം ചൊല്ലുന്നവനോട് ഐഹിക ജീവിതത്തിലെ ലാഭങ്ങൾ മോഹിച്ചുകൊണ്ട് നീ വിശ്വാസിയല്ല എന്ന് പറയരുത് അള്ളാഹു സുബഹാനഹൂവത്ത് ആല അടുക്കൽ ധാരാളം യുദ്ധമുതലുകളുണ്ട് മുമ്പ് നിങ്ങളും ഇപ്രകാരം തന്നെയായിരുന്നു പിന്നീട് അള്ളാഹുസുബഹാനുഹൂവത്ത് ആല നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു അതിനാൽ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിക്കുക തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസുബഹാനഹൂവത്ത് ആല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു